അള്ളാഹു സുബഹാനഹുവ തയ്യാറാക്കി ഒരു സന്താനത്തെ സ്വീകരിക്കുക എന്നത് ഒട്ടും അനുയോജ്യമല്ല അവൻ പരിശുദ്ധനാണ് അവൻ ഏതൊരു കാര്യവും തീരുമാനിച്ചാൽ അതിനുണ്ടാകൂ എന്ന് പറഞ്ഞാൽ മതി അതുണ്ടാകും